യൂണിറ്റ് ഫോർട്ടീൻ ലെസൺ ഫിഫ്റ്റി ഫൈവ് ലിസൺ ഉള്ളി ജോണിയുടെ കഷ്ടപ്പാട് എന്തൊക്കെയുണ്ട് ജോണി വിശേഷം ഞാൻ നാട്ടിലെത്തിയിട്ട് നാലഞ്ച് ദിവസമായെങ്കിലും നിന്നെ കാണാനുള്ള ഭാഗ്യം ഇപ്പോഴേ ഉണ്ടായുള്ളൂ നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് പത്തു വർഷത്തിലേറെയായി കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നീ വിവരിച്ചു പറയണ വിശേഷമൊക്കെ താൻ എന്നോട് ചോദിച്ചാലോ താനല്ലേ മറുനാടൻ മലയാളി വിദേശ സഞ്ചാരി താൻ കാണാത്ത നാടും ഇടപഴകാത്ത ആളുകളുമുണ്ടോ അപ്പോൾ പറയാനും കാണിക്കാനുമൊക്കെ തനിക്കല്ലേ കൂടുതൽ എന്റേതാണെങ്കിൽ കഷ്ടപ്പാടിന്റെ കഥയാ തമാശകളയടോ പറ വേണ്ടാത്ത കാര്യം ഞാൻ ചോദിക്കുമോ നീ ഇപ്പോ എന്തെടുക്കുന്നു കുറവൊന്നുമില്ല പിന്നെ പിന്നെന്ത് പറയാനാ ഭാര്യയും രണ്ട് പിള്ളേരുമുണ്ട് ഒരുവിധം അങ്ങനെ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അച്ഛന്റെ വ്യാപാരമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നോ വ്യാപാരത്തിന്റെ കാര്യം ഒന്നും പറയണ്ട ചുരുക്കി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇല്ലാത്ത പ്രാരബ്ധവും കഷ്ടപ്പാടും ഒന്നുമില്ല അതൊക്കെ തനിക്കെന്തിനാ തന്റെ കാര്യം പറ കേൾക്കട്ടെ കൊഴിഞ്ഞു മാറാൻ നോക്കാതെ ജോണി ഒക്കെ ഒന്ന് തെളിച്ചു പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാലും പറയാം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് ത്രീധനത്തുക തികക്കാൻ അപ്പച്ചനെ പീടിക പോലും വിൽക്കേണ്ടി വന്നു പോരാതെ കുറെ കടവും എടുത്തു കല്യാണമൊക്കെ കെങ്കേമമായി തന്നെ നടത്തി പക്ഷേ ആ കല്യാണത്തോടു കൂടി അപ്പച്ചന്റെ വ്യാപാരം പൊളിഞ്ഞു അപ്പച്ചൻ കിടപ്പിലുമായി ആറേഴ് മാസത്തിനുള്ളിൽ കല്യാണം കഴിക്കാത്ത രണ്ട് പെങ്ങന്മാരുടെയും പിന്നെ അമ്മയുടെയും ഭാരം എന്നെ ഏൽപ്പിച്ചിട്ട് അപ്പച്ചൻ മരിച്ചു അതിൽ പിന്നെ തീർത്ഥാൽ തീരാത്ത കടവുമായി ഞാൻ നട്ടംതിരിയുന്നു ഒരു ചെറിയ മുറുക്കാൻ കട മാത്രമാണ് എന്റെ ഏകാവലംബം നീ സർക്കാർ ജോലിക്ക് ശ്രമിച്ചില്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ എം എ പാസ്സായ നിനക്ക് പോലും ഇവിടെ ജോലി കിട്ടാതെ നാടുവിടേണ്ടി വന്നു പിന്നെ ബി എ പോലും മുഴുവിപ്പിക്കാത്ത എന്റെ കഥ ചോദിക്കാനുണ്ടോ ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും തൊഴിൽ സ്വന്തമായി ചെയ്യാൻ ധനസഹായം നൽകാനുള്ള ഒരു പദ്ധതിയൊക്കെ സർക്കാരിനുണ്ടല്ലോ നീ അതിനൊന്നും അപേക്ഷിച്ചില്ലേ ശ്രമിക്കാനിനി ഒന്നുമില്ല ഒരു ജോലിക്കോ സഹായത്തിനോ വേണ്ടി ഞാൻ പോകാത്ത സ്ഥലമോ പോയിക്കണ്ട് അപേക്ഷിക്കാത്ത മന്ത്രിയോ ഉദ്യോഗസ്ഥനോ നമ്മുടെ നാട്ടിലില്ല പക്ഷെ അഴിമതി നിറഞ്ഞ ഈ കാലത്ത് എന്നെപ്പോലെയുള്ള പാവങ്ങൾക്ക് ഒരു രക്ഷയുമില്ല അത്രക്കെങ്ങ് നിരാശനാകാതെ എല്ലാ കഷ്ടത്തിനും ഒരറതിയുണ്ട് ജോണി നീ ഇതുവരെ പറഞ്ഞ കഥയൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഈ കഷ്ടപ്പാടിനിടയിൽ നീ എങ്ങനെ കല്യാണം കഴിക്കാനിടയായി അത് നീ പറഞ്ഞില്ലല്ലോ അത് വേറെ കഥ രണ്ട് പെങ്ങന്മാരുടെ ചുമതല എനിക്കായിരുന്നില്ലേ അവരിൽ ഉരുത്തിക്ക് നമ്മുടെ ഔസൈപ്പ് മുതലാളി ഒരു നല്ല ആലോചന കൊണ്ടുവന്നു സ്ത്രീധനമൊന്നും വേണ്ടാത്ത പാർട്ടിയായിരുന്നു പക്ഷെ പകരം ആ ചെറുക്കന്റെ പെങ്ങളെ ഞാനും കെട്ടേണ്ടി വന്നു അതിലിപ്പോ പശ്ചാത്താപം ഒന്നും തോന്നുന്നില്ലല്ലോ ഇല്ല ആ ഒരേ കാര്യത്തിൽ മാത്രം കർത്താവ് എന്നെ തുണച്ചു സ്നേഹസമ്പന്നയായ ഒരു ഭാര്യയെ എനിക്ക് കിട്ടി വാ നമുക്ക് വീട്ടിലേക്ക് പോകാം നിനക്ക് എന്റെ ഭാര്യയും പിള്ളേരെയും കാണണ്ടേ ിസൺ ആൻഡ് റിപ്പീറ്റ് എന്തൊക്കെയുണ്ട് ജോണി വിശേഷം എന്തൊക്കെയുണ്ട് ജോണി വിശേഷം ഞാൻ നാട്ടിലെത്തിയിട്ട് നാലഞ്ച് ദിവസമായെങ്കിലും ഞാൻ നാട്ടിലെത്തിയിട്ട് നാലഞ്ച് ദിവസമായെങ്കിലും നിന്നെ കാണാനുള്ള ഭാഗ്യം ഇപ്പോഴേ ഉണ്ടായുള്ളൂ നിന്നെ കാണാനുള്ള ഭാഗ്യം ഇപ്പോഴേ ഉണ്ടായുള്ളൂ നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് പത്തുവർഷത്തിലേറെയായി നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് പത്തു വർഷത്തിലേറെയായി കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നീ വിവരിച്ച് പറയണം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നീ വിവരിച്ചു പറയണം വിശേഷമൊക്കെ താൻ എന്നോട് ചോദിച്ചാലോ വിശേഷമൊക്കെ താൻ എന്നോട് ചോദിച്ചാലോ താനല്ലേ മറുനാടൻ മലയാളി താനല്ലേ മറുനാടൻ മലയാളി വിദേശ സഞ്ചാരി വിദേശ സഞ്ചാരി താൻ കാണാത്ത നാടും ഇടപഴകാത്ത ആളുകളും ഉണ്ടോ താൻ കാണാത്ത നാടും ഇടപഴകാത്ത ആളുകളും ഉണ്ടോ അപ്പോൾ പറയാനും കാണിക്കാനും ഒക്കെ തനിക്കല്ലേ കൂടുതൽ അപ്പോൾ പറയാനും കാണിക്കാനും ഒക്കെ തനിക്കല്ലേ കൂടുതൽ എൻ്റെതാണെങ്കിൽ കഷ്ടപ്പാടിന്റെ കഥയാ എൻ്റെതാണെങ്കിൽ കഷ്ടപ്പാടിന്റെ കഥയ തമാശകളേടോ തമാശകളയുടെ പറ വേണ്ടാത്ത കാര്യം ഞാൻ ചോദിക്കുമോ പറ വേണ്ടാത്ത കാര്യം ഞാൻ ചോദിക്കുമോ നീ ഇപ്പോ എന്തെടുക്കുന്നു നീ ഇപ്പോ എന്തെടുക്കുന്നു കല്യാണമൊക്കെ കഴിച്ചോ കല്യാണം ഒക്കെ കഴിച്ചോ ഓഹോ കല്യാണം കഴിക്കാത്ത കുറവൊന്നുമില്ല ഓഹോ കല്യാണം കഴിക്കാത്ത കുറവൊന്നുമില്ല പിന്നെ പിന്നെ പിന്നെന്ത്യാനാ പിന്നെന്ത് പറയാനാ ഭാര്യയും രണ്ട് പിള്ളേരുമുണ്ട് ഭാര്യയും രണ്ട് പിള്ളേരുമുണ്ട് ഒരുവിധം അങ്ങനെ കഴിയുന്നു ഒരുവിധം അങ്ങനെ കഴിയുന്നു എന്ന് പറഞ്ഞാൽ എന്നു പറഞ്ഞാൽ അച്ഛന്റെ വ്യാപാരമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നു അച്ഛന്റെ വ്യാപാരമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നോ വ്യാപാരത്തിന്റെ കാര്യം ഒന്നും പറയണ്ട വ്യാപാരത്തിന്റെ കാര്യം ഒന്നും പറയണ്ട ചുരുക്കി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇല്ലാത്ത പ്രാരബ്ധവും കഷ്ടപ്പാടും ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇല്ലാത്ത പ്രാരബ്ധവും കഷ്ടപ്പാടും ഒന്നുമില്ല അതൊക്കെ തനിക്കെന്തിന് അതൊക്കെ തനിക്കെന്തിന് തന്റെ കാര്യം പറ കേൾക്കട്ടെ തന്റെ കാര്യം പറ കേൾക്കട്ടെ ഒഴിഞ്ഞു മാറാൻ നോക്കാതെന്റെ ജോണി ഒഴിഞ്ഞു മാറാൻ നോക്കാതെന്റെ ജോണി ഒക്കെ ഒന്ന് തെളിച്ചു പറ ഒക്കെ ഒന്ന് തെളിച്ചു പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാലും പറയാം എന്നാലും പറയാം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് ത്രീധനത്തുക തികയ്ക്കാൻ മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് ത്രീധനത്തുക തികയ്ക്കാൻ അപ്പച്ചന് പീടിക പോലും വിൽക്കേണ്ടി വന്നു അപ്പച്ചന് പീടിക പോലും വിൽക്കേണ്ടി വന്നു പോരാതെ കുറെ കടവും എടുത്തു പോരാതെ കുറെ കടവും എടുത്തു കല്യാണമൊക്കെ കെങ്കേമമായി തന്നെ നടത്തി കല്യാണമൊക്കെ കെങ്കേമമായി തന്നെ നടത്തി പക്ഷെ ആ കല്യാണത്തോടുകൂടി അപ്പച്ചന്റെ വ്യാപാരം പൊളിഞ്ഞു പക്ഷെ ആ കല്യാണത്തോടു കൂടി അപ്പച്ചന്റെ വ്യാപാരം പൊളിഞ്ഞു അപ്പച്ചൻ കിടപ്പിലുമായി അപ്പച്ചൻ കിടപ്പിലുമായി ആറേഴു മാസത്തിനുള്ളിൽ കല്യാണം കഴിക്കാത്ത രണ്ട് പെങ്ങന്മാരുടെയും ആറേഴു മാസത്തിനുള്ളിൽ കല്യാണം കഴിക്കാത്ത രണ്ട് പെങ്ങന്മാരുടെയും പിന്നെ അമ്മയുടെയും ഭാരം എന്നെ ഏൽപ്പിച്ചിട്ട് അപ്പച്ചൻ മരിച്ചു പിന്നെ അമ്മയുടെയും ഭാരം എന്നെ ഏൽപ്പിച്ചിട്ട് അപ്പച്ചൻ മരിച്ചു അതിൽ പിന്നെ തീർത്താൽ തീരാത്ത കടവുമായി ഞാൻ നട്ടം തിരിയുന്നു അതിൽ പിന്നെ തീർത്താൽ തീരാത്ത കടവുമായി ഞാൻ നട്ടംതിരിയുന്നു ഒരു ചെറിയ മുറുക്കാൻ കട മാത്രമാണ് ഏക ഏകാവലംബം ഒരു ചെറിയ മുറുക്കാൻ കട മാത്രമാണ് എന്റെ ഏകാവലംബം നീ സർക്കോലിക്ക് ശ്രമിച്ചില്ലേ നീ സർക്കാർ ജോലിക്ക് ശ്രമിച്ചില്ലേ ഫസ്റ്റ് ക്ലാസ്സിൽ എം എ നിനക്ക് പോലും ഫസ്റ്റ് ക്ലാസ്സിൽ എം എ പാസ്സായ നിനക്ക് പോലും ഇവിടെ ജോലി കിട്ടാതെ നാടുവിടേണ്ടി വന്നു ഇവിടെ ജോലി കിട്ടാതെ നാടുവിടേണ്ടി വന്നു പിന്നെ ബി പോലും മുഴുവിപ്പിക്കാത്ത എന്റെ കഥ ചോദിക്കാനുണ്ടോ പിന്നെ ബി എ പോലും മുഴുവിപ്പിക്കാത്ത എന്റെ കഥ ചോദിക്കാനുണ്ടോ ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും തൊഴിൽ ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും തൊഴിൽ സ്വന്തമായി ചെയ്യാൻ ധനസഹായം നൽകാനുള്ള ഒരു പദ്ധതിയൊക്കെ സ്വന്തമായി ചെയ്യാൻ ധനസഹായം നൽകാനുള്ള ഒരു പദ്ധതിയൊക്കെ സർക്കാരിനുണ്ടല്ലോ സർക്കാരിനുണ്ടല്ലോ നീ അതിനൊന്നും അപേക്ഷിച്ചില്ലേ നീ അതിനൊന്നും അപേക്ഷിച്ചില്ലേ ശ്രമിക്കാൻ ഇനി ഒന്നുമില്ല ശ്രമിക്കാൻ ഇനി ഒന്നുമില്ല ഒരു ജോലിക്കോ സഹായത്തിനോ വേണ്ടി ഞാൻ പോകാത്ത സ്ഥലമോ ഒരു ജോലിക്കോ സഹായത്തിനോ വേണ്ടി ഞാൻ പോകാത്ത സ്ഥലമോ പോയിക്കണ്ട് അപേക്ഷിക്കാത്ത മന്ത്രിയോ ഉദ്യോഗസ്ഥനോ നമ്മുടെ നാട്ടിലില്ല പോയിക്കണ്ട് അപേക്ഷിക്കാത്ത മന്ത്രിയോ ഉദ്യോഗസ്ഥനോ നമ്മുടെ നാട്ടിലില്ല പക്ഷേ അഴിമതി നിറഞ്ഞ ഇക്കാലത്ത് പക്ഷെ അഴിമതി നിറഞ്ഞ ഇക്കാലത്ത് എന്നെപ്പോലുള്ള പാവങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്നെ പോലുള്ള പാവങ്ങൾക്ക് ഒരു രക്ഷയുമില്ല അത്രയ്ക്കെങ്ങ് നിരാശനാകാതെ അത്രയ്ക്കെങ്ങ് നിരാശനാകാതെ എല്ലാ കഷ്ടത്തിനും ഒരു അറുതിയുണ്ട് ജോണി എല്ലാ കഷ്ടത്തിനും ഒരറതിയുണ്ട് ജോണി നീ ഇതുവരെ പറഞ്ഞ കഥയൊക്കെ എനിക്ക് മനസ്സിലായി നീ ഇതുവരെ പറഞ്ഞ കഥയൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഈ കഷ്ടപ്പാടിടയിൽ നീ എങ്ങനെ കല്യാണം കഴിക്കാൻ ഇടയായി പക്ഷേ ഈ കഷ്ടപ്പാടിടയിൽ നീ എങ്ങനെ കല്യാണം കഴിക്കാൻ ഇടയായി അതു നീ പറഞ്ഞില്ലല്ലോ അതു നീ പറഞ്ഞില്ലല്ലോ അത് വേറെ ഒരു അത് വേറെ ഒരു കഥ രണ്ട് പെങ്ങന്മാരുടെ ചുമതല എനിക്കായിരുന്നില്ലേ രണ്ട് പെങ്ങന്മാരുടെ ചുമതല എനിക്കായിരുന്നില്ലേ അവരിൽ ഒരുത്തിക്ക് നമ്മുടെ ഔസേപ്പ് മുതലാളി ഒരു നല്ല ആലോചന കൊണ്ടുവന്നു അവരിൽ ഒരുത്തിക്ക് നമ്മുടെ ഔസേപ്പ് മുതലാളി ഒരു നല്ല ആലോചന കൊണ്ടുവന്നു സ്ത്രീധനമൊന്നും വേണ്ടാത്ത പാർട്ടിയായിരുന്നു സ്ത്രീധനമൊന്നും വേണ്ടാത്ത പാർട്ടിയായിരുന്നു പക്ഷേ പകരം ആ ചെറുക്കൻറെ പെങ്ങളെ ഞാനും കെട്ടേണ്ടി വന്നു പക്ഷേ പകരം ആ ചെറുക്കന്റെ പെങ്ങളെ ഞാനും കെട്ടേണ്ടി വന്നു അതിലിപ്പോ പശ്ചാത്താപമൊന്നും തോന്നുന്നില്ലല്ലോ അതിലിപ്പോ പശ്ചാത്താപമൊന്നും തോന്നുന്നില്ലല്ലോ ഇല്ല ഇല്ല ആ ഒരേ ഒരു കാര്യത്തിൽ മാത്രം കർത്താവ് എന്നെ തുണച്ചു ആ ഒരേ ഒരു കാര്യത്തിൽ മാത്രം കർത്താവ് എന്നെ തുണച്ചു സ്നേഹസമ്പന്നയായ ഒരു ഭാര്യയെ എനിക്ക് കിട്ടി സ്നേഹ സ്നേഹസമ്പന്നയായ ഒരു ഭാര്യയെ എനിക്ക് കിട്ടി വാ നമുക്ക് വീട്ടിലേക്ക് പോകാം വാ നമുക്ക് വീട്ടിലേക്ക് പോകാം നിനക്ക് എന്റെ ഭാര്യയും പിള്ളേരെയും ഒക്കെ കാണണ്ടേ നിനക്ക് എന്റെ ഭാര്യയും പിള്ളേരെയുമൊക്കെ കാണണ്ടേ എന്റെ കൂട്ടുകാരൻ കാണാത്ത നാടും വീടും ഇല്ല എന്റെ കൂട്ടുകാരൻ കാണാത്ത നാടും വീടും ഇല്ല ആരും അറിയാത്ത ആ രഹസ്യം നീ എങ്ങനെ അറിഞ്ഞു ആരും അറിയാത്ത ആ രഹസ്യം നീ എങ്ങനെ അറിഞ്ഞു ഒരു ജോലി അന്വേഷിച്ചു ഞാൻ പോകാത്ത സ്ഥലമില്ല ഒരു ജോലി അന്വേഷിച്ച് ഞാൻ പോകാത്ത സ്ഥലമില്ല എന്റെ കയ്യിൽ ഇല്ലാത്ത പണം ഞാൻ എങ്ങനെ തരും എന്റെ കയ്യിൽ ഇല്ലാത്ത പണം ഞാൻ എങ്ങനെ തരും അവൾക്ക് വേണ്ടാത്ത കാര്യത്തിലും അവൾ താൽപ്പര്യം കാണിക്കുന്നു അവൾക്ക് വേണ്ടാത്ത കാര്യത്തിലും അവൾ താല്പര്യം കാണിക്കുന്നു തീർത്താൽ തീരാത്ത ജോലി ഇവിടെ എനിക്കുണ്ട് തീർത്താൽ തീരാത്ത ജോലി ഇവിടെ എനിക്കുണ്ട് പറഞ്ഞാൽ തീരാത്ത വിശേഷമുണ്ട് എനിക്ക് നിന്നോട് പറയാൻ പറഞ്ഞാൽ തീരാത്ത വിശേഷമുണ്ട് എനിക്ക് നിന്നോട് പറയാൻ എഴുതിയാൽ തീരാത്ത കഥകളുണ്ട് ആ കഥാകാരന്റെ മനസ്സിൽ എഴുതിയാൽ തീരാത്ത കഥകളുണ്ട് ആ കഥാകാരന്റെ മനസിൽ ആ കൂടി അദ്ദേഹത്തിന്റെ കച്ചവടം പൊളിഞ്ഞു ആ കല്യാണത്തോടുകൂടി അദ്ദേഹത്തിന്റെ കച്ചവടം പൊളിഞ്ഞു രമയുടെ പാട്ടോടുകൂടി പരിപാടി അവസാനിച്ചു രമയുടെ പാട്ടോടുകൂടി പരിപാടി അവസാനിച്ചു ഇതോടുകൂടി ഇന്നത്തെ പാഠം തീരുന്നു ൂടി ഇന്നത്തെ പാഠം തീരുന്നു അപ് ഡ്രിൽ മോഡൽ കൊണ്ടുവന്നു കഴിച്ചുകൊണ്ടുവന്നു കഴിച്ചുകൊണ്ടുവന്നു അയാൾ ഒരു നാടൻ പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു െ അയാൾ കഴിച്ചുകൊണ്ടുവന്നു നഗരം കാണാത്ത നഗരം കാണാത്ത നാണം മാറാത്ത ഒരു നാടൻ പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചുകൊണ്ടുവന്നു നൗ ഫോളോ ദോഡൽ വാങ്ങിപ്പിച്ചു എന്നെ കൊണ്ട് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു ആ കടക്കാരൻ ആ കടക്കാരൻ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു ഒരു പഴയ പുസ്തകം ഒരു പഴയ പുസ്തകം ആ കടക്കാരൻ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു ആരും വാങ്ങാത്ത ആരും വാങ്ങാത്ത ഒരു പഴയ പുസ്തകം ആ കടക്കാരൻ എന്നെ വാങ്ങിപ്പിച്ചു ആർക്കും വേണ്ടാത്ത ആർക്കും വേണ്ടാത്ത ആരും വാങ്ങാത്ത ഒരു പഴയ പുസ്തകം ആ കടക്കാരൻ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു വരും മുമ്പോട്ട് വരും എത്ര പേർ എത്ര പേർ മുമ്പോട്ട് വരും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എത്ര പേർ മുമ്പോട്ട് വരും ബഹുമാനിക്കാൻ ബഹുമാനിക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര പേര് മുമ്പോട്ട് വരും ആളുകളെ െ ബഹുമാനിക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര പേര് മുമ്പോട്ട് വരും ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത ആളുകളെ ബഹുമാനിക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര പേര് മുമ്പോട്ട് വരും അധികാരവും പണവും അധികാരവും പണവും ഒന്നുമില്ലാത്ത ആളുകളെ ബഹുമാനിക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര പേർ വരും ഉണ്ട് എനിക്ക് എനിക്കുണ്ട് ജോലി ജോലി എനിക്കുണ്ട് തീരാത്ത തീരാത്ത ജോലി എനിക്കുണ്ട് തീർത്താൽ ജോലി എനിക്കുണ്ട് എത്ര ചെയ്താലും എത്ര ചെയ്താലും തീർത്താൽ തീരാത്ത ജോലി എനിക്കുണ്ട് മോഡൽ വൺ രാധ കുട്ടിയെ കാണാതെ കരഞ്ഞു കുട്ടിയെ കാണാത്ത രാധ കരഞ്ഞു നൗ ഫോളോ ദ മോഡൽ ഒന്നും പഠിക്കാതെ രാമൻ പരീക്ഷയിൽ തോറ്റു ഒന്നും പഠിക്കാത്ത രാമൻ പരീക്ഷയിൽ തോറ്റു നന്നായി പാട്ടുപാടാതെ പെൺകുട്ടി സമ്മാനം വാങ്ങുന്നു നന്നായി പാട്ടുപാടാത്ത പെൺകുട്ടി സമ്മാനം വാങ്ങുന്നു ചോദ്യത്തിന് ഉത്തരം പറയാതെ വേണു ഇറങ്ങി നടന്നോ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എഴുത്ത് എഴുതാതെ മറുപടി കിട്ടുമോ എഴുതാത്ത എഴുത്തിന് നിങ്ങൾക്ക് മറുപടി കിട്ടുമോ പാല് കാച്ചാതെ കുടിക്കാമോ കാച്ചാത്ത പാല് കുടിക്കാമോ ഞാൻ നിന്റെ കാര്യം ഓർമ്മിക്കാതെ അങ്ങനെ പറഞ്ഞുപോയി ഞാൻ നിന്റെ കാര്യം അങ്ങനെ പറഞ്ഞുപോയി മോഡൽ ടു മോഹനൻ പാട്ടു പാടുന്നില്ല കുട്ടികൾ പലഹാരം തിന്നുന്നില്ല പലഹാരം തിന്നാത്ത കുട്ടികൾ കുട്ടികൾ തിന്നാത്ത പലഹാരം മൊത്തായി കള്ളു കുടിക്കുന്നില്ല കള്ള് കുടിക്കാത്ത മത്തായി മത്തായി കുടിക്കാത്ത കള്ള് രാധയ്ക്ക് പണം വേണ്ട പണം വേണ്ടാത്ത രാധ രാധയ്ക്ക് വേണ്ടാത്ത പണം ൈബ്രറിയിൽ പുസ്തകങ്ങൾ ഇല്ല പുസ്തകങ്ങൾ ഇല്ലാത്ത ലൈബ്രറി ലൈബ്രറിയിൽ ഇല്ലാത്ത പുസ്തകങ്ങൾ ജനങ്ങൾ വേദന മനസ്സിലാക്കുന്നില്ല വേദന മനസ്സിലാക്കാത്ത ജനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാത്ത വേദന നരേന്ദ്രൻ ചൂടുവെള്ളത്തിൽ കുളിച്ചില്ല ചൂടുവെള്ളത്തിൽ കുളിക്കാത്ത നരേന്ദ്രൻ നരേന്ദ്രൻ കുളിക്കാത്ത ചൂടുവെള്ളം അഹമ്മദ് കച്ചവടം നടത്തിയില്ല കച്ചവടം നടത്താത്ത അഹമ്മദ് അഹമ്മദ് നടത്താത്ത കച്ചവടം ബാബു കല്ലെറിഞ്ഞില്ല कलिया बाबूुिया कल सर कुटक सरकार सरकार सर्क രമണി പറയാത്ത രഹസ്യം പറയാത്ത രമണി ട്രാൻസ്ഫോർമേഷൻ ഡ്രിൽ ഞാൻ ചെയ്ത കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നൗ ഫോളോ ദോഡൽ പഠിച്ച കുട്ടി ജയിച്ചു പഠിക്കാത്ത കുട്ടി ജയിച്ചു എല്ലാവരോടും വർത്തമാനം പറയുന്ന റാണിയെ നിങ്ങൾക്കറിയാമോ എല്ലാവരോടും വർത്തമാനം പറയാത്ത റാണി നിങ്ങൾക്കറിയാമോ അയാൾ പോകുന്ന സ്ഥലത്തൊക്കെ ഞാനും പോകും അയാൾ പോകാത്ത സ്ഥലത്തൊക്കെ ഞാനും പോകും മീൻ കഴിക്കുന്ന കുട്ടി വേഗം വളരുമോ മീൻ കഴിക്കാത്ത കുട്ടി വേഗം വളരുമോ നിന്നെ സ്നേഹിക്കുന്ന വ്യക്തിയെ നീയും സ്നേഹിക്കില്ലേ വ്യക്തിയെ നീയും സ്നേഹിക്കില്ലേ ഇന്റർപ്രിട്ടേഷൻ മോഡൽ പണമില്ലാത്ത ആളുകളെ മാത്രമേ ശിക്ഷിക്കൂ പണമുള്ള ആളുകളെ ശിക്ഷിക്കില്ല നൗ ഫോളോ ദ മോഡൽ വെള്ളമില്ലാത്ത നാട്ടിലെ ഇങ്ങനെ ചെയ്യൂ വെള്ളമുള്ള നാട്ടിൽ ഇങ്ങനെ ചെയ്യില്ല അന്യരുടെ വേദന അറിയാത്ത ആളുകളെ അത് പറയൂ അന്യരുടെ വേദന അറിഞ്ഞ ആളുകൾ അത് പറയില്ല மலையாள அறியாத்த கூட்டரே இங்கிலீஷில் மலையாளம் அறிஞர் இங்கிலீஷில் നന്നായി ആഹാരം കഴിക്കാത്ത പെൺകുട്ടികളെ ഇങ്ങനെ ഇരിക്കൂ നന്നായി ആഹാരം കഴിക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കില്ല കൊച്ചു കുഞ്ഞുങ്ങളില്ലാത്ത എന്റെ വീട്ടിലെ നിങ്ങൾ വരേണ്ടു കൊച്ചു കുഞ്ഞുങ്ങൾ ഉള്ള എന്റെ വീട്ടിൽ നിങ്ങൾ വരണ്ട േഷൻ ഡ്രിൽ മുതലാളി വീട് വയ്ക്കുന്നില്ല ആ വീട്ടിൽ ഞാൻ പിന്നെ എങ്ങനെ താമസിക്കും മുതലാളി വയ്ക്കാത്ത വീട്ടിൽ ഞാൻ പിന്നെ എങ്ങനെ താമസിക്കും നൗ ഫോളോ മോഡൽ ഞാൻ ഒന്നും ആലോചിക്കുന്നില്ല ഞാൻ ഇതിനുത്തരം പറയില്ല ഒന്നും ആലോചിക്കാത്ത ഞാന് ഇതിനുത്തരം പറയില്ല ഡോക്ടർ കുറ്റം ചെയ്യുന്നില്ല ഡോക്ടർ സര്ക്കാരിനെ എന്തിനു പേടിക്കണം കുറ്റം ചെയ്യാത്ത ഡോക്ടർ സർക്കാരിനെ എന്തിനു പേടിക്കണം ആ പേജിൽ ഒന്നും എഴുതിയില്ല ആ പേജ് പിന്നെ നമ്മൾ എങ്ങനെ വായിക്കണം ഒന്നും എഴുതാത്ത ആ പേജിൽ പിന്നെ നമ്മൾ എങ്ങനെ വായിക്കണം ധ്യാപകൻ പഠിപ്പിക്കുന്നില്ല കുട്ടികൾ അധ്യാപകനെ ബഹുമാനിക്കുന്നില്ല പഠിപ്പിക്കാത്ത അധ്യാപകനെ കുട്ടികൾ ബഹുമാനിക്കുന്നില്ല രാജൻ രാധയെ ഇഷ്ടപ്പെടുന്നില്ല രാധയും രാജനെ ഇഷ്ടപ്പെടുന്നില്ല രാധയെ ഇഷ്ടപ്പെടാത്ത രാജനെ രാധയും ഇഷ്ടപ്പെടുന്നില്ല വാടകക്കാർ വാടക കൊടുക്കുന്നില്ല വീട്ടുടമസ്ഥൻ വാടകക്കാരെ ഇറക്കി വാടക കൊടുക്കാത്ത വാടകക്കാരെ വീട്ടുടമസ്ഥൻ ഇറക്കി